അങ്ങനെ അവരുടെ രഹസ്യഭാഗങ്ങൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നതിനെ വെളിപ്പെടുത്തുന്നതിനായി പിശാജ് അവർക്ക് ദുർബോധനം നൽകി അവൻ പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവ് ഈ വൃക്ഷത്തെ നിങ്ങളെ വിലക്കിയത് നിങ്ങൾ മലക്കുകളാകാനോ അല്ലെങ്കിൽ നിത്യവാസികളാകാനോ വേണ്ടിയല്ലാതെയല്ല